ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ ബഹുമാനരായ കർത്തൃശുശ്രൂഷകരെ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരികളെ കർത്താവായ യേശു പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഏറ്റവും വിനീതമായ വന്ദന വചനം ശക്തിയാണ് വചനം ജീവനാണ് വചനം ചൈതന്യമാണ് വചനം ബലമാണ് വചനം ധൈര്യമാണ് വചനം സമാധാനമാണ് വചനം ശാന്തിയാണ് വചനം ആശ്വാസമാണ് ആശ്വാസദായകമായ വചനം ജീവന്റെ തിരുവചനം നമുക്ക് ശാന്തമായി കേട്ടുകൊണ്ടിരിക്കാം വളരെ ശാന്തമായി നമുക്ക് ദൈവസനത്തിൽ ഇരിക്കാം കർത്താവെ എനിക്കിന്ന് രാത്രി നിന്റെ ജീവന്റെ വചനം ഇനിയും തരണമേ ഇനിയും സ്വർഗ്ഗത്തിലെ മന്ന പൊഴിച്ചു തരണമേ മരുഭൂമിയിൽ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്ന തന്റെ മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായുബലമേൽ ഇറങ്ങി വന്ന മഹോന്നതനെ ഇന്ന് നീ എനിക്ക് നിന്റെ തിരുവേദിനം തരണമേ എന്നോട് സംസാരിക്കണമേ ഇതായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തുവിനെ ഈ വർഷം നാം നമ്മുടെ കൺവെൻഷനിൽ മുഖ്യമായും ധ്യാനിക്കുന്നത് വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു സക്കായി വീണെടുക്കുകയായിരുന്നെന്ന് അറിഞ്ഞില്ല പക്ഷേ സക്കായിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു സക്കായി കർത്താവ് അന്ന് ദേശത്തുകൂടി വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല പക്ഷേ സക്കായിക്കു വേണ്ടി കർത്താവ് ആ എറിഹോവിൽ കൂടെ കടന്നുപോയി സക്കായി പോലും മനസ്സിലാക്കിയില്ല നാവും അത്ര മനസ്സിലാക്കിയില്ല സക്കായിയുടെ ജീവിതത്തിൽ യേശു സക്കാരി അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവനി അറിഞ്ഞിരുന്നു എന്ന് അവന ഇത്രയേ ധരിച്ചുള്ളൂ എറിഹോവിൽ കൂടെ യേശു കടന്നുപോകുന്നു പലരും പലതും യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇന്ന് എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഉന്നതാധികാരികൾ യറുസലൈം ദേവാലയത്തിലെ പ്രമാണിമാരും ശാസ്ത്രികളും പരീശന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവൻ തക്കം നോക്കുകയാണ് ക്രൂശിക്കാൻ നോക്കുകയാണ് യേശുവിനെ ദൈവഭൂഷണം പറയുന്നവനെന്നും യഹൂദ സഭയ്ക്ക് എതിരാളിയാണെന്നും സഭയ്ക്കും സമുദായത്തിനും എല്ലാം വിരുദ്ധനാണെന്നും നാട്ടിൽ കലക്കമുണ്ടാക്കുന്നവനാണെന്നും കുറെ ആളുകളെ കൂട്ടി വിപ്ലവം സംഘടിപ്പിക്കാൻ പോകുന്നവനാണെന്നും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നാൽ അതേസമയത്ത് വേറെ ചിലർ പറയുന്നു അല്ല യേശു അങ്ങനെയൊന്നുമല്ല സ്നേഹം മാത്രം വാരി വിതറിക്കൊണ്ട് നാടായ നാടെല്ലാം നടക്കുന്നു സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രമാണ് ആളുകൾക്ക് കിട്ടുന്നത് തകർന്നുപോയ കുടുംബങ്ങളെ പുതുക്കി മെനയുന്നു ഭിന്നിച്ചുപോയവരെ ഒന്നിപ്പിക്കുന്നു അകർന്നുപോയവരെ അടുപ്പിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ടുപോയവർക്ക് സമാധാനം നൽകുന്നു കണ്ണുകൂടവർക്ക് കാഴ്ച നൽകുന്നു മാത്രമല്ല കുഷ് ശുദ്ധരാക്കുന്നു മരിച്ചവരെ ഇയർപ്പിക്കുന്നു യേശു ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കുന്നു യേശു അനുഗ്രഹിക്കപ്പെട്ട ദൈവപുത്രം തന്നെയാണ് സാക്ഷാൽ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന് വേറെ പറയുന്നു രണ്ടു തരം വിഭിന്ന അഭിപ്രായങ്ങൾ കേട്ടുകേട്ടാണ് സർക്കാർ ഈ ആ ഓഫീസിൽ ഇരുന്നു എന്നും കേൾക്കും നാട്ടിലാകെ യേശു ഒരു സംസാര വിഷയമാണ് എല്ലാവർക്കും ചിന്താവിഷയമാണ് എന്നാൽ ഇന്ന് യേശു ഈ നാട്ടിൽ കൂടി വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒന്ന് ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് സക്കായി ആഗ്രഹിച്ചുള്ളൂ സംഭവിക്കാൻ പോകുന്നു എന്ന് സക്കായി പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം സക്കായി അമ്മയുടെ ഗർഭത്തിൽ പിറവിയെടുക്കുന്നതിനു മുൻപ് തന്നെ ദൈവം സക്കായിയെ കണ്ടിരുന്നു അതുകൊണ്ട് ജീവനുള്ള ക്രിസ്തു അന്ന് ഈ സക്കായിയെ വീണ്ടെടുക്കാൻ വേണ്ടി തന്നെ ആ ദേശത്തുകൂടി പോവുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഭയത്തോടുകൂടി വായിക്കുന്നൊരു ഭാഗമുണ്ട് സക്കായി എരിഹോവിൽ കൂടി കടന്നുപോകുമ്പോഴെന്നാണ് പത്തൊമ്പതാം മതിയായ ലൂക്കോസ് തുടങ്ങുന്നത് എറിഹോവിൽ വന്ന് വന്നപ്പോഴെന്നല്ല എറിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ കടന്നങ്ങ് പോവുകയാണ് അതിരോളം ചന്ദിരിക്കുകയാണ് എരിഹോവിന്റെ അതിരോളം ചന്ദിരിക്കുകയാണ് അപ്പോഴാണ് സക്കായിക്ക് ആഗ്രഹം വന്നത് ഒരൽപ്പം കൂടി വൈകിയിരുന്നെങ്കിൽ അന്ന് സക്കായ് യേശുവിനെ കണ്ടുമുട്ടുകയില്ലായിരുന്നു അന്ന് സക്കായ് യേശുവിനെ കാൺമാൻ ശ്രമിച്ചത് ഭാഗ്യമായി പോയി തന്നെയുമല്ല സ്നേഹിതരെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശു പിന്നെ എറിഹോവിൽ കൂടി പോയിട്ടില്ല അതൽപം ഭയത്തോടെയാണ് ഞാൻ പറയുന്നത് യേശു പിന്നെ ആ എറിഹോവിൽ കൂടെ പോയിട്ടില്ല യേശു എറിഹോവിൽ കൂടി പോയ അവസാനത്തെ അവസരം പിന്നെ അതിലൂടെ പോയിട്ടില്ല നേരേ പോയത് യേശു അങ്ങ് യെറുസലേമിലേക്കാണ് യെറൂസ്ലേമിൽ യേശു അത് തുടർന്ന് ഗസമനിലേക്കും പിന്നീട് ഗബഥ വിസ്താരംഗത്തേക്കും പിന്നീട് ഗോകുൽത്ത കാലോറിയിലേക്കും കർത്താവ് പോവുകയായിരുന്നു അവസാനത്തെ അവസരം സക്കായിക്ക് കിട്ടിയത് അത് സക്കായി ഏറ്റവും സുവർണാവസരമാക്കി എടുത്തു ഭാഗ്യം സക്കായിയുടെ ഭവനത്തിൽ നിന്ന് യേശുരാവാർത്തു ഇത് നാം കേട്ടതാണ് ആ കേട്ട വാക്കുകളുടെ പിന്നിൽ ഞാൻ താണിരുന്നു നിങ്ങോട്ട് പറയുകയാണ് ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്നത് അവസാനത്തെ നിങ്ങൾ സംബന്ധിക്കുന്നത് ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദമാണോ ഇനി കേൾക്കാൻ പോകുന്നതോ എന്ന് പ്രാണനം ഇടപെട്ടു പോകാറായോ ആർക്കറിയാം അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് ആർക്കറിയാം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയട്ടെ കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം സമയം തക്കത്തിൽ ഉപയോഗിക്കണം ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ടും ക്രിസ്തുവിനെ എതിരേറ്റുകൊണ്ടും നമ്മുടെ ഭവനത്തിലേക്ക് നോക്ക് മന്ദം മന്ദം നീങ്ങണം യേശുക്രിസ്തുവിനെയും വഹിച്ചുകൊണ്ടും നോക്ക് പോകണം യേശുക്രിസ്തു ഉള്ളവരായി നാം ജീവിക്കണം അങ്ങനെ വരുമ്പോൾ വീണുപോയവരെ എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു നമ്മെ എഴുന്നേൽപ്പിക്കും നമ്മുടെ ക്ഷീണാവസ്ഥകൾ മാറ്റും നമ്മുടെ ബലഹീനാവസ്ഥകൾ മാറ്റും നമ്മുടെ തകർച്ചകൾ മാറ്റും നമ്മുടെ തളർച്ചകൾ മാറ്റും നമ്മുടെ വേദനകൾ മാറ്റും നമ്മുടെ കേടുകളും കെടുതികളും മാറ്റും നമ്മുടെ രോഗങ്ങൾ മാറ്റും ചില അത്ഭുതങ്ങളെല്ലാം സംഭവിക്കും എന്തെല്ലാമാണ് അത്ഭുതങ്ങൾ പ്രിയപ്പെട്ട ദൈവദാസൻ അത് പറഞ്ഞല്ലോ അനേകമനേകം അത്ഭുതങ്ങൾ സർക്കാരുടെ ജീവിതത്തിൽ നടന്നുവെന്ന് ഇന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും എന്റെ ജീവനുള്ള ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നത് കർത്താവെയും ഞങ്ങൾ തൊടാതെ പോകല്ലേ എന്നാണ് ഞങ്ങളെല്ലാവരെയും തൊടാതെ നീ കടന്നുപോകല്ലേ സ്വർഗ്ഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരാനായി നീ കൊണ്ടുവന്ന എല്ലാ നിധികളും ഇന്ന് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ ഏച്ചുവാങ്ങിയിട്ട് നീ സന്തോഷത്തോടെ കർത്താവെ നീ മാറിപ്പോകാൻ കർത്താവെ നീ മീങ്ങിപ്പോകാൻ ഇട വരണമേ ഇതാണെന്റെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ ദൂതന്മാർ സ്വർഗ്ഗത്തിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്നതായ എല്ലാ വിഭവങ്ങളും നമ്മുടെ മധ്യത്തിൽ പൊഴിച്ചു തന്നിട്ട് അതൊന്നും ബാക്കി എവിടെയെങ്കിലും കിടക്കാതെ എല്ലാവരും അത് സ്വീകരിച്ച് പെറുക്കിയെടുത്തുകൊണ്ട് പോകണമേ ഇതാണെന്റെ പ്രാർത്ഥന സഹോദരങ്ങളെ വീഴ്ചയിൽ നിന്നായി എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു യേശു ക്രിസ്തു വീണവരെ എഴുന്നേൽപ്പിക്കും പലതരത്തിലുള്ളതായി വീഴ്ചകളുണ്ട് ഒരു തരത്തിലുള്ളതായി വീഴ്ച മാത്രം നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കഷ്ടതയുടെ വീഴ്ച ദുരിതത്തിന്റെ വീഴ്ച യാതനയുടെ വീഴ്ച ജീവിതത്തിൽ അനേകമനേകം പ്രശ്നങ്ങൾ വരുമ്പോഴുള്ളതായി വീഴ്ച ഇപ്പോൾ ഈ കുട്ടികളിവിടെ പാടിയ പാട്ട് നിങ്ങൾ കേട്ടില്ലേ എന്ത് നല്ലോർ സഖി യേശു പാപദുഖം വഹിക്കും പാപവും ദുഃഖവും വഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു സ്നേഹിതനാണ് എന്ന് ഇന്ന് നല്ലോർ യേശു പാപദുഖം വഹിക്കും ജോസഫ് സ്റ്റിവൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു അദ്ദേഹം യൗവനപ്രായത്തിൽ നല്ല ഊർജ്ജസ്വതയുള്ള യുവാവായിരുന്നു സമർത്ഥനായ ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം ഒരു ഇണയെ തേടി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വിവാഹമെല്ലാം ഉറച്ചു നല്ല സൌശീല്യവും നല്ല സ്വഭാവമഹിമയും നല്ല സൌന്ദര്യവും നല്ല ദൈവാശ്രയവുമുള്ള ഒരു പെൺകുട്ടി നന്നായി വളരെ ശ്രേഷ്ഠമായ വിവാഹമായിരിക്കുന്നത് വളരെ നല്ലൊരു വിവാഹമായിരിക്കും വളരെ പ്രതീക്ഷയോടെ ദിവസങ്ങൾ വിവാഹ ദിവസത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു വലിയ അത്യാഹിതം സംഭവിച്ചത് പാവം അടുത്ത ദിവസം വിവാഹിതയാകേണ്ട ആ പെൺകുട്ടി പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോയി അവൾ കടന്നുപോയി മരിച്ചുപോയി ഈ യുവാവ് വളരെ ദുഃഖിതനായിത്തീർന്നു ഭർത്താവ് എന്താണ് എനിക്ക് കഷ്ടത വന്നത് എന്താണെനിക്ക് ദുരിതം വന്നത് ഞാന് വളരെ പ്രതീക്ഷയോടെ നല്ലൊരു ശോഭനമായ ഭാവി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വിവാഹിതനാകാൻ ആഗ്രഹിച്ച് എന്റെ ദൈവമേ എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത് കുറെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരവേ കണ്ണിൽ നിന്ന് ചാലുകളായി കണ്ണിനീരൊഴുകി അവസാനം കർത്താവിന്റെ ക്രവയിലങ്ങ് ശക്തിപ്പെട്ടു കർത്താവിന്റെ ക്രവയിൽ ശക്തിപ്പെട്ടപ്പോൾ അപ്പോൾ ദൈവത്തോട് പരിഭവമല്ല ദൈവത്തോട് പിണക്കമല്ല ദൈവം എനിക്കെന്താണിങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യമല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ തിളങ്ങി വന്നത് തെളിഞ്ഞുവന്നത് ദൈവത്തെ സ്തുതിക്കാനാണ് അപ്പോൾ അദ്ദേഹം ആ വേദനയുടെ പാരമ്യത്തിൽ പാടിയ പാട്ടാണ് എന്തു നല്ലോർ സഖി യേശു എന്ന് വാട്ട് എ ഫ്രണ്ട് ഇൻ ജീസസ് യേശുവിൽ എന്തു നല്ല ഒരു ഞാൻ കാണുന്നു എന്ന് പ്രിയപ്പെട്ടവരെ കഷ്ടയുടെ മധ്യത്തിൽ ആശ്വാസം തരുന്ന ക്രിസ്തു കണ്ണുനീരണിയുന്ന സന്ദർഭങ്ങളിൽ സമാധാനം തരുന്ന ക്രിസ്തു എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും പലതരത്തിലുള്ളതായ പ്രതിസന്ധികളൂടെ കടന്നു പോകുന്നവരാണെന്ന് ശരീരത്തിന് ക്ലേശങ്ങളോ രോഗങ്ങളോ ഉള്ളവരുണ്ട് ചില മനപ്രയാസങ്ങളിൽ മനസ്സ് നൊന്ത് കഴിയുന്നവരുണ്ട് ചില മാനസിക പിരിമുറുക്കങ്ങളിൽപ്പെട്ട് ഉലയുന്നവരുണ്ട് കുടുംബത്തിലെ അസ്വസ്ഥതകളിലും ക്ലേശങ്ങളിലും മനസ്സ് ഉരുകി ഉരുകി പ്രിയപ്പെട്ടവരെ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഇന്നലെ രാത്രി ഞാൻ ചിലതെല്ലാം പറഞ്ഞല്ലോ സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ അനേകം ദുരിതങ്ങൾ കൂടി കടന്നുപോകുന്ന മനുഷ്യൻ നാം ഓരോ ദിവസവും ജീവിതം ആയോധനമാക്കിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം ജീവിതായോധനം എന്ന കവികൾ പാടും എന്താണ് ജീവിതായോധനം ജീവിതം ദുഃഖപൂർണമാണ് അതൊരു യുദ്ധമാണ് തന്നോട് തന്നെയുള്ള യുദ്ധമാണ് ഈ ലോകത്തോടുള്ള യുദ്ധമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോടുള്ള യുദ്ധമാണ് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളോടെ പൊരുത്തപ്പെടാനാകാതുള്ള യുദ്ധമാണ് ഏതു തരത്തിലുള്ള ആളുകൾക്കും ദുരിതമാണ് ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നിനും ഏതെ മറ്റൊന്ന് മേൽക്കുമേൽ ദുരിതങ്ങൾ ഒരു രോഗം കഴിഞ്ഞു അത് തീരുന്നിരുമ്പ് ഇതാ വേറൊരു രോഗം ഒരു പ്രശ്നം വന്നു അത് മാറി നിരുമ്പ് വേറെ പ്രശ്നങ്ങൾ ഒന്നു മാറി ഒന്നു മാറി ദുരിതങ്ങൾ അമ്മയുടെ രോഗം മാറി അപ്പോൾ മോനായി രോഗം അല്ലെങ്കിൽ മുഴക്കായി അപ്പോഴാണ് പണത്തിന്റെ ഒരു കടമായി ചികിത്സിക്കാൻ പണമില്ലാതായി അപ്പോൾ കടം പെരുത്തു വരുത്തുവന്നു അപ്പോഴാണ് വീട്ടിലെ വേലക്കാർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രശ്നം എന്തെല്ലാം എന്തെല്ലാം സഹോദരങ്ങളെ പലതരത്തിലുള്ളതായ പ്രതിസന്ധികളിലൂടെ നാം ഓരോരുത്തരും കടന്നു എനിക്കൊന്ന് നിങ്ങളോട് പറയാനുണ്ട് വീട് കിടക്കുമ്പോൾ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തുവുണ്ട് കഷ്ടതയിൽ വീണ് കിടക്കുമ്പോൾ ദുരിതത്തിൽ വലഞ്ഞു കിടക്കുമ്പോൾ ആകുലകളിൽ ഉലഞ്ഞു കഴിയുമ്പോൾ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു വാക്യം ആദ്യം വായിക്കാം അത് ഇയോവിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് ഇന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യം നോക്ക് വായിക്കാം തീപ്പൊരി ഉയരെ പറക്കുമ്പോൾ ായി ജനിച്ചിരിക്കുന്നു തീപൊരിയാണ് എന്റെ ദൈവമേ എന്താണ് ഈ കഷ്ടതകൾ ഒന്നുമാറി ഒന്നു മാറി ദുരിതങ്ങൾ ദുരിതങ്ങൾക്ക് വിശ്രമമില്ലേ തീപ്പൊരി ഉയരപ്പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു സഹോദരങ്ങളെ കഷ്ടതയുടെ പാരമ്യത്തിൽ മനസ്സ് വലഞ്ഞ് വിഷമിച്ചു കഴിയുകയാണ് യോവ് ഇയോവിന്റെ ജീവിതത്തിൽ കുറഞ്ഞത് അഞ്ചു തരം പ്രതികൂല കാറ്റുകൾ കൊടുങ്കാറ്റുകൾ ചുഴലിക്കാറ്റുകൾ അടിച്ചത് നമുക്ക് തിരുവോചനത്തിൽ വായിക്കാൻ കഴിയും വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാചീന ഗ്രന്ഥമാണ് ഈയോവിന്റെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിനു മുൻപ് എഴുതപ്പെട്ട പുസ്തകമാണ് അയ്യോവിന്റെ പുസ്തകമെന്ന് പണ്ഡിതന്മാർ പറയുന്നു വേദശാസ്ത്രികൾ പറയുന്നു ഈയോവിന്റെ പുസ്തകം ഈ പുരാതനമായ പുസ്തകത്തിലെ വിഷയമെന്താണ് The meaning of suffering, artham, ദ മീനിങ് ഓഫ് സഫറിംഗ് കഷ്ടതയുടെ അർത്ഥം എന്താണ് കഷ്ടതകൾ മനുഷ്യനെന്തെന്ത ദുരിതങ്ങളാണ് മനുഷ്യനെന്തും പ്രതിസന്ധികളാണ് അവന്റെ ജീവിതത്തിൽ എന്നും യാതനകളാണ് എന്താണിങ്ങനെ വരുന്നത് എന്താണ് ദൈവ സർവശക്തനാണെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ വരുന്നു ദൈവസ്നേഹമാണെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ വരുന്നു ദൈവമെല്ലാം കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടിത് വരുന്നു ദൈവം സർവല്ലഭനാണെന്ന് പറയുന്നു എന്നാൽ പിന്നെ കഷ്ടതകൾ എന്താണ് ഇങ്ങനെ വരുന്നത് മാറ്റാൻ ദൈവത്തിന് കഴിയില്ലേ ദൈവം സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണെന്ന് പറയുന്നു പിന്നെ എന്താണിങ്ങനെ വരുന്നത് ദൈവത്തിന് എല്ലാം അറിയാമല്ലോ മാറ്റാൻ പാടില്ലേ ദൈവത് കാണുന്നില്ലായിരിക്കും എന്റെ ദുരിതകർത്താവ് കാണുന്നില്ലായിരിക്കുമോ ദൈവം ഒന്നും അറിയുന്നില്ലായിരിക്കുമോ ഇങ്ങനെയെല്ലാ മനുഷ്യൻ ചിന്തിക്കുന്നു മനുഷ്യന്റെ ബുദ്ധിയിൽ ഇങ്ങനെല്ലാം ചിന്തിക്കുന്നതിന് പിന്നിൽ അവൻ അനുഭവിക്കുന്ന യാതനകളും വേദനകളും കൊടും പിരിക്കൊണ്ട അനുഭവങ്ങളായി അവന്റെ ജീവിതത്തിൽ വേലിയേറ്റം കൊണ്ടുവരുന്നതാണ് കാരണം സഹോദരങ്ങളെ എന്നാൽ ഈ പുസ്തകം എന്തുകൊണ്ട് കഷ്ടതകളെന്ന് പറഞ്ഞു തരുന്നു ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദുരിതങ്ങളെന്ന് പറഞ്ഞു തരുന്നു ഞാൻ ഈ യോവിന്റെ പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോഴെല്ലാം എന്റെ ഹൃദയത്തിൽ വലിയ ആശ്വാസമാണ് എനിക്ക് ലഭിച്ചത് കൊടുങ്കാച്ചുകൾ ഒന്നു മാറി ഒന്നു മാറി കൊടുങ്കാച്ചുകൾ നമുക്ക് വായിക്കാം ഈ യോവിന്റെ ദിവസത്തെ ഒന്നാം അധ്യായത്തിൽ കൊടുങ്കാറ്റിനെക്കുറിച്ച് നാം കാണുന്നുണ്ട് ഒന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യം നമുക്ക് വായിക്കാം പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ നാല് മൂലയ്ക്ക് മടിച്ചു അത് യൗവനക്കാരുടെ മേൽ വീണു അവർ മരിച്ചുപോയി ഈ കുടുംബം വളരെ സമ്പൽ കുടുംബമാണ് ഐശ്വര്യ സമൃദ്ധിയുള്ള കുടുംബമാണ് എല്ലാം തികഞ്ഞൊരു കുടുംബമാണ് ധാരാളം സമ്പത്ത് സകലപൂർവദിഗ്വാസികൾക്കും പ്രസിദ്ധനായ മനുഷ്യൻ എല്ലാവരുടെയും മുമ്പിൽ ആദരണീയനായ മനുഷ്യൻ വലിയ ജനോപകാരിയായ മനുഷ്യൻ സ്വാധീന സംരക്ഷണത്തിന് ഉത്സാഹിക്കുന്നയാള് മനസ്സറിഞ്ഞൊരു തെച്ച് ചെയ്യുകയില്ലാത്തയാള് യുവതിന് പറയുന്നുണ്ട് ഞാൻ എന്റെ കണ്ണുമായൊരു നിയമം ചെയ്തു മുപ്പത്തൊന്നാം അധ്യായത്തിൽ ഞാൻ എന്റെ കണ്ണുമായൊരു നിയമം ചെയ്തു പിന്നെ ഞാനെങ്ങനെ ഒരു പരസ്ത്രീയെ നോക്കും എന്തൊരു സന്മാർഗ്ഗനിഷ്ഠ ഞാൻ ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു സാധുക്കൾക്ക് ഞാൻ വസ്ത്രം കൊടുത്തിട്ടുണ്ട് പാവപ്പെട്ടവരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എനിക്കെന്തായിങ്ങനെ വന്നത് യോവിനാദ്യം മനസ്സിലായില്ല യോവിനെ കാര്യം പിടികിട്ടിയില്ല എനിക്കെന്താണിങ്ങനെ വന്നത് കാരണം ഏത് പറയും ഊസ് ദേശത്ത് ഇ യോവെന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു ഞാൻ എന്റെ വേദപുസ്തകത്തിൽ ആ വാക്യം അടിയിൽ വരച്ചു കാരണം എന്താണെന്നറിയാമോ ആ ദേശത്ത് എന്തോരം പുരുഷന്മാരുണ്ട് എന്തുമാത്രം ആളുകളുണ്ട് പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പുസ്തകത്തിൽ ഇയ്യോവ് എന്ന പുരുഷനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് സ്നേഹിതരെ എന്തൊരു പദവിയാണത് ദൈവത്തിന്റെ ജീവദായകമായി തിരുവചനത്തിൽ ഈയോ എന്ന പുരുഷനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഊസ് ദേശത്ത് ഇയോ എന്ന പേരുള്ള പുരുഷ ഉണ്ടായിരുന്നു നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷമിട്ട് അകലുന്നവനും നേരുള്ളവനുമായിരുന്നു ആരാ ഇത് പറയുന്നത് സ്വർഗത്തിലെ ദൈവം പറയുന്നതാണ് യോ ഒരു മനുഷ്യന് കിട്ടുന്ന സാക്ഷ്യം ദൈവെന്ന പുരാൻ അവനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്തൊരു അനുഗ്രഹീതമായ സാക്ഷ്യം നിഷ്കളങ്കൻ നേരുള്ളവൻ ദോഷം വിട്ട് അകലന്തവൻ ദോഷം വിട്ട് അകലന്ധവൻ ദൈവഭക്തൻ നിഷ്കളങ്കൻ നേരുള്ളവൻ എന്തൊരു വലിയ പദവിയാണ് പിന്നെ എന്താണ് യോവിന് തന്നത് മനുഷ്യന് നന്മ വരുന്നത് കാണുമ്പോൾ ദൈവമിൽ പ്രസാദിക്കുന്നത് കാണുമ്പോൾ അവനെ നശിപ്പിക്കാൻ നോക്കുന്ന അസൂയാലുവായൊരു പിശാചുണ്ട് സഹോദരങ്ങളെ മനുഷ്യൻ ദൈവത്തിന്റെ ക്രമയനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അവനെ തകർത്ത് കളയുവാൻ നശിപ്പിച്ചു കളയുവാൻ ഉദ്യമിക്കുന്ന ഒരു പൈശാചികനുണ്ട് സാത്താനുണ്ട് ഏതെന്തോട്ടത്തിൽ തുടങ്ങിയതാണ് അവന്റെ ശത്രുത്വം അല്ല അതിനു മുമ്പ് തുടങ്ങിയതാണ് അവൻ ലൂസിഫെയറായിട്ട് അവൻ അങ്ങ് അത്യുന്നതങ്ങളിൽ വാഴുന്ന കാലത്ത് ദൈവത്തിന്റെ മാലാഹമാരിൽ പ്രധാനിയായി കഴിയുന്ന കാലത്ത് ദൈവത്തോടും മത്സരിച്ച് അവനേ ദൈവം അത്യുന്നത നിന്ന് തള്ളിക്കളഞ്ഞു അവനേ ദൈവം അവനെ തള്ളിക്കളയുകയും നിഷ്കാസനം ചെയ്യുകയും ചെയ്തു അന്ന് മുതലൊരു വൈരാഗ്യമാണ് അതുകൊണ്ടാണ് ഏതെന്തോട്ടത്തിൽ കടന്നിയെന്ന് ദൈവത്തിന്റെ പ്രമോദമായിരുന്നു ദൈവത്തിന്റെ മോഹന മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി അവൻ ഉദ്യമിച്ചത് അതാണ് ഹൌവായെ അവൻ വശീകരിച്ചത് ഹവായെ വശീകരിച്ചു തുടർന്നാദാവിനെ വശീകരിച്ചു പാപത്തിലേക്ക് നയിച്ചു അത് അന്ന് തുടങ്ങിയ ഭയാനകമായ ശത്രുത്വമാണ് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ നശിപ്പിക്കുന്നതിൽ കൂടെ ദൈവത്തോട് പ്രതികാരം ചെയ്യുകയാണ് സാത്താൻ സ്നേഹിതരെ ഞാൻ ചേർത്ത് പറയും സൃഷ്ടിയായി ദൈവം ഓവനിച്ച് കണ്ണില പോലെ താലോലിച്ച് വളർത്തുന്ന അമ്മേ നശിപ്പിക്കാൻ പിശാജ് വട്ടം ഏതെല്ലാം തരത്തിലായിരിക്കും അവൻ നമ്മെ നശിപ്പിക്കാൻ വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് അപ്പോസൽ നായ പൌലൂസ് പറഞ്ഞിട്ടുണ്ട് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രശാലിയായ ബിസാജ് നമ്മെ തോൽപ്പിക്കാൻ വരുന്നത് ഏതെല്ലാം വഴിയിലൂടെയായിരിക്കും ആ ശത്രുത്വം ദൈവത്തിന് പ്രത്യേകം കരുതലുള്ള പാവപ്പെട്ട മനുഷ്യനോടുള്ളതായി ശത്രുത്വമായി മാറ്റി പിശാജ് മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്യമിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇയോവിനെ കുറിച്ച് കുറ്റം പറയാനായി ദൈവത്തെ വെല്ലുവിളിക്കാനായി പിശാജ് കടന്നിന്നത് അതാണ് ഇയോബിന് പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ നിന്ന് കാണാൻ ഒരു ദിവസം ദൈവൂത്രന്മാർവേഡ് സന്നിധിയിൽ നിൽപ്പകം ചെന്നു അവരുടെ കൂട്ടത്തിൽ സാത്താഹനം ചെന്നു യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താ അനുഹോയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന ഉത്തരം പറഞ്ഞു ദൈവസന്നിധിയിലേക്ക് സാത്താൻ കയറി ചെന്നു ഒരു ദൈവദാസനെക്കുറിച്ച് കുറ്റം പറയാൻ അതിനുവേണ്ടി മാത്രമേ സാത്താനോട് ചെല്ലാൻ പറ്റൂ ഒരു ദൈവദാസനെക്കുറിച്ച് അവവാദം പറയാൻ മാത്രമേ പിശാജിനങ്ങോട്ട് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാൻ പറ്റൂ നാം ഭയത്തോടെ ചിന്തിക്കേണ്ടതാണ് എന്റെ കർത്താവേ സാത്താൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാ നിന്റെ വരുമ്പോൾ നീയെ സാത്താന്റെ വെല്ലുവിളിയുടെ മുന്നിൽ നീ തോൽക്കാൻ ഞാൻ ഇട വരുത്തിയിട്ടുണ്ടോ യേശുവെ നീ പിശാജിന്റെ വെല്ലുവിളിയുടെ മുന്നിൽ നീ തോൽക്കാൻ ഞാൻ സംഗതിയാക്കിയിട്ടുണ്ടോ സംഗതി വരുത്തിയിട്ടുണ്ടോ എന്റെ ജീവിതത്തിലേതെങ്കിലും തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ നീ ഇവനായിയ്യോവിനെ കുറ്റം പറയാൻ സാത്താന്റെ ദിവസത്തിലേക്ക് ചെന്നു ദൈവം ചോദിച്ചു സാത്താനെ നീ എവിടെ വരുന്നു ഞാൻ ഈ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നത് എന്തിനാണ് ദൈവമക്കളിൽ കുറ്റം കണ്ടെത്താൻ സൂക്ഷിച്ചുകൊള്ളുക ദൈവമക്കളിൽ അവരിലെന്തെങ്കിലും തെറ്റ് കണ്ടെത്താൻ അതിനുവേണ്ടി അവൻ ഊടാടി സഞ്ചരിച്ച് നടക്കുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെയും എത്ര ഭയത്തോടു കൂടി നിൽക്കേണ്ടതാണ് എത്ര കയതലോടുകൂടി നിൽക്കേണ്ടതാണ് ദൈവം ഉടനെ ചോദിച്ചു ശരി നീ ഭൂവിയിൽ ഊഴാടി സഞ്ചരിച്ചപ്പോൾ നീയെ ആരെങ്കിലും നോട്ടം വെച്ചോ എനിക്ക് ഒരു പ്രത്യേക താൽപര്യമുള്ള ഒരാളുണ്ട് നിഷ്കളങ്കനൻ നേരിള്ളവനും ദോഷമിട്ട് അകലുന്നവനും ദൈവഭക്തനുമായി ഒരാളുണ്ട് എന്റെ ദാസനായ അയ്യോവിന്റെ മേൽ നീ ദൃഷ്ടിവെച്ചുവോ സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചു അവ വലിയ ഭക്തനാണെന്നല്ലേ നീ പറയുന്നത് പക്ഷേ അവന് മക്കളുണ്ട് ഇഷ്ടം പോലെ മക്കൾ ഏഴാൺമക്കൾ രണ്ട് പെൺമക്കൾ പോര കർത്താവെ അവന് വേറെയുമുണ്ട് ഗുണങ്ങൾ സമ്പത്ത് ധാരാളം സകല പൂർവ്വദിഗ്വാസികളിലും കിഴക്കൻ ദേശത്തുള്ള സകലവാന ആളുകളിലും അവൻ ഏറ്റവും പ്രസിദ്ധൻ ഈ എന്തിനാണ് അവന് കുറവ് അവനെല്ലാം ഉണ്ടല്ലോ അതുകൊണ്ടാണ് അവനീ ഭക്തി മുറുകപ്പെടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാവാം അവന്റെ സ്വത്ത് പോകട്ടെ അല്ലെങ്കിൽ മക്കൾ പോകട്ടെ അപ്പോൾ കാണാവാം ഭക്തി പോകുന്നത് ദൈവം സാത്താനോട് പറഞ്ഞ് ശരി സമ്മതിച്ചിരിക്കുന്നു അവന്റെ സമ്പത്തിന്മേലും അവന്റെ സൌകര്യങ്ങളിൽ മേലും മക്കളുടെ മേലുമെല്ലാം നീ ഞാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു എന്റെ ദാസന അയ്യോപിന്റെ മേൽ അവന്റെ ജീവന് മാത്രം പ്രാണിന് മാത്രം കേടുവരുത്തരുത് സഹോദരങ്ങളെ സാത്താൻ പുറപ്പെട്ടു എങ്ങനെയെല്ലാമാണ് അവൻ ഉപദ്രവിച്ചത് ഏതെല്ലാം വിധത്തിലാണ് അവൻ ഉപദ്രവിച്ചത് അത് നമുക്ക് വായിക്കാം ഒന്നിന്റെ പതിമൂന്ന് വായിക്കാം ഒരു ദിവസം ഇ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞുകൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂ അവന്റെ അടുക്കൽ വന്നു കാളകളെ പൂട്ടുകയും പെൺകഴുതകളുടെ അരിയെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു പെട്ടെന്ന് ശബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിന്റെ വഴുത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്യും വേലക്കാരെയെല്ലാം കൊന്നു മാത്രമല്ല കാളുകളെയും പെൺകുഴതുകളെയും എല്ലാം കവർച്ചക്കാരി പിടിച്ചുകൊണ്ടുപോയി പിന്നെ വീണ്ടും പതിനാറാം വാക്യം അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് കത്തി ആടുകളും വേലക്കാരും അതിനെ എരിയായിപ്പോയി വിവരം തന്നെ അറിയിപ്പാൻ ഞാൻ ഒഴുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു വയലേലകൾ കൂടി കാറ്റ് നല്ലപോലെ വീശി വന്നു അവിടെ തീ പിടിച്ചിട്ട് കാറ്റ് ഊതിയതുകൊണ്ട് തീയങ്ങ് ആളി കത്തി സംഭവിച്ചതെന്താണ് ദൈവത്തിന്റെ തീ ആകാശത്ത് വീണ് ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി അങ്ങനെ എല്ലാം കത്തി നശിച്ചു വീണ്ടും പതിനേഴാവാക്യം അവൻ സംസാരിച്ചു തന്നെ മറ്റൊരുത്തൻ വന്നു പെട്ടെന്ന് കൽതേർ മൂന്നുകൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിന്റെ വഴത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു എല്ലാജ്ഞ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വായത്തേയാൽ വെട്ടിക്കൊന്നു എല്ലാം കൊണ്ടുപോയി വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ പറയുന്നതാണ് പത്തൊമ്പതാം വാക്യം പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ നാല് മൂലയ്ക്ക് മടിച്ചു അത് യൗവനക്കാരുടെ മേൽ വീണു അവർ മരിച്ചുപോയി ഓ അടിക്കടി ആപത്തു വന്നിട്ട് ഇ മക്കൾ ആൺമക്കൾ ഏഴുപേരും പെൺമക്കൾ മൂന്നുപേരും അവര് അവിടെ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി സന്തോഷിച്ച് നല്ല സമാധാനമായി അവരൊരുമിച്ച് ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്കിങ്ങനെ സമ്മേളിക്കും അന്നങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദിവസം പെട്ടെന്ന് ആ വീട്ടിൽ മാത്രം ചുഴലിക്കാറ്റ് അടിച്ചു ഒരു വലിയ കൊടുങ്കാറ്റ് ആ വീടിന്റെ നാല് മൂലയ്ക്കും അടിച്ചു വീടാകയെ കുലുങ്ങി ആകയെ തകർന്നു യൗവനക്കാര് പത്തുമക്കളും യോവിന്റെ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും എല്ലാവരും ഒരുമിച്ച് മരിച്ചു പ്രിയപ്പെട്ടവരെ ഈ യോഗ അപ്പോഴൊന്നും കുലുങ്ങിയില്ല താങ്ങാവുന്നതല്ല ഇങ്ങനെയുള്ള അടിക്കടിയുള്ള ആപത്ത് വന്നാൽ നാം എത്ര പേര് പിടിച്ചു നിൽക്കും എന്തുമാത്രം നാം നിരാശരാകാൻ സാധ്യതയുണ്ട് നമുക്കിത് കഥ കേൾക്കും പോലെ കേട്ടുപോയാൽ നമുക്കതിന് വലിയ ഗൌരവം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത്യാഹിതങ്ങൾ വരുമ്പോൾ വലിയ അനർത്ഥങ്ങൾ വരുമ്പോൾ അപ്രതീക്ഷിതമായ ആപത്തുകൾ വരുമ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത നഷ്ടങ്ങൾ വരുമ്പോൾ അപ്പോഴാണ് നമ്മുടെ തനി നിറം വരുന്നത് തനി നിറം കാണുന്നത് ദൈവത്തിന് സ്തോത്രം ഇന്നലെ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു പിള്ളേരോട് ഞാൻ പറഞ്ഞു പ്രഭാത പ്രാർത്ഥനയ്ക്കാണ് തോന്നുന്നു ഞാൻ പറഞ്ഞു മക്കളെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം എന്ത് സംഭവിച്ചാലും യേശു എന്നെ സ്നേഹിക്കുന്നെന്ന് നിങ്ങൾ മറക്കരുത് എന്ന് യേശുവിനെന്നോട് വലിയ സ്നേഹമാണ് നിങ്ങൾ മറക്കരുത് എന്തെല്ലാം സംഭവിച്ചാലും ശരി യേശുവിൻ എന്നോട് വലിയ സ്നേഹമാണ് അത് നിങ്ങളുടെ മങ്കൂരമായിരിക്കട്ടെ അത് നിങ്ങളുടെ ബലമായിരിക്കട്ടെ എന്തുതന്നെ സംഭവിച്ചാലും അല്ല ആകസ്മികമായി അത്യാഹിതങ്ങൾ സംഭവിച്ചാലും കർത്താവെ കഷ്ടനഷ്ടങ്ങൾ വന്നാലും യേശുവിനെന്നോട് സ്നേഹമാണ് യേശു എന്നെ സ്നേഹിക്കുന്നു എന്റെ യേശുവിന്റെ സ്നേഹത്തെ ഞാൻ സംശയിക്കുകയില്ല അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുദ്രാവാക്യം സഹോദരങ്ങളെ എത്ര യാഥാർത്ഥ്യമാണെന്നോ യേശു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ ഞാൻ ഈ കോളേജിലെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഇവിടെ തൊട്ട് കടുത്ത് കാണുന്ന ഈ ഹോസ്റ്റലിലിടയ്ക്ക് വന്ന് ക്ലാസ് എടുക്കും എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം ഇവിടെ ഹോസ്റ്റലിൽ ഒന്ന് ക്ലാസ് എടുക്കാറുണ്ട് അവിടെ പിള്ളേരോട് ഞാൻ പറയും ജീസസ് സോ റിയൽ ഗോഡ് സോ നിയർ ഗോഡ് ആൻഡ് സോ ഡിയർ എ ഗോഡ് ദൈവം അവൻ ഏറ്റവും സാക്ഷാത്തായ അനുഭവമാണ് Jesus Christ so real a eh god so near a eh god totta aduthu nilkuna divam and so dear a eh god avan etum sneham ullavanaya divam so dear so near and so real divyathina stotram sahodaranale njan indrana padanumariyamo inna varshangal kshesham njan aa college inde hostel node chernnu nnu parayumbol njan ad avartikkunna kaaranam undu ente hrudayam aanandam konde thingunnu ഞാൻ ഈ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ഞാൻ ആത്മീയമായി മുന്നോട്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധ്യതകൾ ലഭിച്ചത് ഒരുപക്ഷെ കോളേജിൽ ജോലി ചെയ്തിരുന്ന കാലത്തേക്കാൾ ഒരു പത്തെട്ട് ജോലി ഇത് ചെയ്യുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അന്ന് കോളേജിന്റെ പരിസരത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്നതായ എന്റെ പ്രവർത്തന മണ്ഡലം അത് ഭാഗ്യവശാൽ ഇന്ന് ജീ ക്രിസ്തുവിന്റെ വേലയ്ക്കായി തുറക്കുവാൻ കർത്താവ് കരുണ ചെയ്തു ദൈവത്തിന് സ്തോത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളാരും വിശ്രമെടുക്കരുത് നിങ്ങളാരും അലസരായിരിക്കരുത് നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് ചില സുനിയതമായ കാര്യപരിപാടികളുണ്ട് വളരെ ഡെഫിനിറ്റ് പ്രോഗ്രാംസ് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുണ്ട് വളരെ സുവ്യക്തമായ പദ്ധതികൾ ദൈവത്തിനുണ്ട് നിങ്ങളാരും വില കുറഞ്ഞവരല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചില പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട് ചില ശക്തികളുണ്ട് ചില കഴിവുകളുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചില പോസിബിലിറ്റീസ് ഉണ്ട് ചില സാധ്യതകളുണ്ട് പൊട്ടൻഷ്യാലിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് എന്റെ ദൈവത്തിന് സ്തോത്രം അത് പറയുമ്പോൾ ഞാൻ കോരിത്തരിക്കും എല്ലാവർക്കുമുണ്ട് പൊട്ടൻഷ്യാലിറ്റീസ് എല്ലാവർക്കുമുണ്ട് പോസിബിലിറ്റീസ് അതെല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതെല്ലാം സ്വർഗത്തിലെ മുതൽക്കൂട്ടുകളായി മാറും സ്വർഗത്തിലെ മൂലധനമായി മാറും സ്വർഗീയ നിക്ഷേപങ്ങളായി മാറും ദൈവത്തിന്റെ സ്തോത്രം ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ യോവ് തളർന്നില്ല യോവ് ദൈവം എന്നെ സ്നേഹിക്കുന്നതെന്നെ വിശ്വസിച്ചു യഹോവ തന്നു യഹോവ എടുത്തു യഹോയുടെ നാമം വാഴ്ത്തുപെടട്ടെ എന്ന് പറഞ്ഞു വിശ്വാസദാർഢ്യം മോനെ നിന്റെ ശരീരം തളരുമ്പോൾ രോഗം വന്നതിനെ അലട്ടുമ്പോൾ വേദന കൊണ്ട് പുളയുമ്പോൾ മോളെയെ നിന്റെ കുടുംബത്തിൽ ഭർത്താവ് ഞെരുക്കുമ്പോൾ ആ മനുഷ്യൻ നിന്നെ ഉപദ്രവിക്കുമ്പോൾ നിന്നെ കഠോരമായി മർദ്ദിക്കുമ്പോൾ മരിച്ചാൽ മതി എന്ന് ഓർക്കുന്ന സമയങ്ങളിൽ അപ്പോഴെല്ലാം ഓർത്തുകൊള്ളണം എന്റെ ദൈവമേ നീ എനിക്ക് മതിയായവൻ നീ എന്നോടുകൂടെ നിന്നാൽ മതി കർത്താവെയെ ഞാൻ ആത്മഹത്യ ചെയ്യില്ല ഞാൻ എന്നെ തന്നെ നശിപ്പിക്കില്ല കർത്താവേ നിരാശപ്പെടില്ല എന്റെ ദൈവമേ ഇതിനപ്പുറം ഒരു നല്ല പൊൻപുലരി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ല നാളെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ല നാളിലേക്ക് നീ എന്നെ നടത്തുകയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് എന്നെ വിശുദ്ധീകരിച്ച് എന്നെ നിനക്ക് കൊള്ളാകുന്നതാക്കി കൊള്ളാകുന്നതാക്കി മാറ്റുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കറയും കളങ്കവും ചുളുക്കവും ഇല്ലാത്ത ഒരു നല്ല വിശുദ്ധ മണവാട്ടിയാക്കാൻ നീ എന്നിൽ അധ്വാനിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെയെ നിങ്ങൾ ഉറയ്ക്കുക ആരും തളരരുത് യോവ് തളർന്നില്ല സാത്തന് ഒരു ചെറിയ പരാജയമായല്ലേ പക്ഷെ അവൻ മടുക്കില്ല അവൻ അവന് അല്പം പോലും ലജ്ജയില്ല നാണമില്ല പിന്നെയും ദൈവസന്നിധിയിലേക്ക് ദൈവം ചോദിച്ചു നീ എവിടുന്ന വരുന്നേ ഞാൻ ഭൂമിയിലൊക്കെ ഊടാട്ടി സഞ്ചരിച്ചിട്ട് വരാ എന്റെ ദാസന അയ്യോവിനോട് സൃഷ്ടി വെച്ചുവോ പിന്നെ ദൈവം നീ എന്തായി പറയുന്നത് മക്കളല്ലേ പോയുള്ളൂ കൊടുങ്കാ ചൂതി മക്കള് പോയി സമ്പത്ത് പോയി കാളകളും കഴുതകളും ആടുകളും എല്ലാം പോയി വേലക്കാർ പോയി ധാന്യപ്പുരകൾ പോയി എല്ലാം പോയി പക്ഷേ അവന് നല്ല ആരോഗ്യമല്ലേ എന്തിനാ കുറവ് എന്തിനാ കുഴപ്പം നല്ല ആരോഗ്യം അവന്റെ ശരീരത്തിനും തൊട്ടുനോക്ക് അപ്പോൾ കാണാമെന്ന് നിന്നോടുള്ള വിശ്വാസം തേച്ചുകളും പ്രിയപ്പെട്ടവരെയും ദൈവ നിഗ്രഹൻ പറഞ്ഞു ശരി ശരീരത്തിന് തൊടുപുവാൻ സംബന്ധിച്ചിരിക്കുന്നു പക്ഷേ പ്രാണിനെ തൊടരുത് പ്രാണിനെ കേടുവരുത്തരുത് ദൈവത്തിന്റെ സ്തോത്രം എന്റെ കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല കേട്ടോ നിങ്ങളോട് പറയട്ടെ യേശു ഞാൻ അനുവദിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരണുപോലും സംഭവിക്കില്ല ഉറച്ചുകൊള്ളു അവന്റെ പ്രാണിന് പോലും ആ പ്രാണിന് കേടുവരുത്തരുത് എന്ന് പറഞ്ഞു സാത്താൻ ചെന്ന് ഈയ്യോവിനെ ബാധിച്ചു ഏഴാം വാക്യം എന്ന് വായിക്കാം രണ്ടാമധിയായ ഏഴാം വാക്യം മുതല് അങ്ങനെ സാത്താൻ സന്നിധി വിട്ട് പുറപ്പെട്ട് ിയോവിനെ ഉള്ളങ്കാൽ മുതൽ നെറുകവരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു ഉള്ളങ്കാൽ മുതൽ നെറുകവരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു പിന്നെ അവനൊരു ഓട്ടിങ് കഷണമെടുത്ത് തന്നെ താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു ഈ ഉള്ളങ്കാൽ മുതൽ നെറുകന്തലവരെ വല്ലാത്ത പരുക്കൾ ബാധിച്ചപ്പോൾ ആ പരുക്കളുടെ ഇടയ്ക്ക് അല്പം അൽപ്പം സ്ഥലമുള്ളെടുത്ത് ഭയങ്കര ചൊറിച്ചില് അത് മാന്താൻ കൈകൊണ്ട് മാന്തിയിട്ടും പറ്റുന്നില്ല ഓട്ടുകഷ്ണമെടുത്ത് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് മാന്തുന്നു മാന്തുന്നു തൊലി പൊളിഞ്ഞു പോകും പഴുക്കും പഴുത്ത് വ്രണമാകും ആസകലം വ്രണം ചോരയും ചെലവും ഒലിക്കുന്നു ദുർഗന്ധം വമിക്കുന്നു യോവിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലാണോ എനിക്ക് അറിഞ്ഞുകൂടെ ഒരു ഭാഗത്ത് പറയും എന്റെ ശ്വാസം മറ്റുള്ളവർക്ക് അസഹ്യമായി എന്ന് എന്റെ ഭാര്യ മൂക്കുകൊത്തി മാറി നിൽക്കുന്നുവെന്ന് അത് പത്തൊമ്പതാം അധ്യായത്തിലാണ് വായിക്കാം പതിനെട്ടാം വാക്യം പിള്ളാരും എന്നെ നിരസിക്കുന്നു ഞാൻ എഴുന്നേറ്റാൽ അവരെന്നെ കളിയാക്കുന്നു അതിമൂന്ന് വെച്ചോളൂ അവരെ സഹോദരന്മാരെ എന്നോട് അകറ്റി കളഞ്ഞു സഹോദരൻ എല്ലാവരും അകന്നുപോയി എന്റെ പരിചയക്കാർ എനിക്ക് അന്യരായിത്തീർന്നു പരിചയക്കാർ അന്യരെ പോലെ ദൂരെ മാറി നിന്നു എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു എന്റെ ഉറ്റസ്നേഹിതന്മാർ എന്നെ മറന്നുകളഞ്ഞു എന്റെ എന്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു വീട്ടില് പാർത്തവരും ദാസിമാരുമായവരൊക്കെ എന്നെ അന്യനെപ്പോലെ കണക്കാക്കുന്നു ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു ഒരു പരദേശിയെപ്പോലെ അന്യനെപ്പോലെ ഞാനെ കാണുന്നു ഞാൻ എന്റെ ദാസനെ വിളിച്ചു അവൻ വിളി ഞാൻ മേലക്കാരനെ വിളിച്ചിട്ടവൻ വിളി കേൾക്കാൻ പോലും തയ്യാറല്ല എന്റെ വായ് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു ഒരു കാര്യം സാധിച്ചു കിട്ടാൻ യാചിക്കേണ്ടി വരുന്നു എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യം മൂക്കുപൊത്തിക്കൊണ്ട് മാറി നിൽക്കുകയാണ് എന്റെ യാചന എന്റെ ഉടപ്പുറന്നവർക്ക് അറപ്പുമായിരിക്കും എന്റെ കൂടെ എന്റെ സഹോദരി സഹോദരങ്ങൾക്ക് ആ അറപ്പായിത്തീർന്നു എന്റെ യാതന പിള്ളേരും എന്നെ നിരസിക്കുന്നു മക്കള് ഈ കൊച്ചു പിള്ളേര് അയൽവക്കത്തും മറ്റുമുള്ളതായി എന്നെ കാണുമ്പോൾ എന്നെ വിട്ട് ഓടിപ്പോകുന്നു ഞാൻ എഴുന്നേറ്റാൽ അവരെന്നെ കളിയാക്കുന്നു ഞാൻ എഴുന്നേറ്റാൽ അവരെന്നെ കളിയാക്കുന്നു എന്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നുരൊക്കെയും എന്നെ വെറുക്കുന്നു എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നു എനിക്ക് പ്രിയരായകാലത്ത് പ്രിയരായിരുന്നവര് ഇപ്പോഴത്തെ ശത്രുക്കളായി തീർന്നു എന്റെ അസ്ഥി ഈ തൊക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു നദീ എന്റെ അസ്ഥി ഈ തൊക്കിനോടും മാംസത്തോടും പാവം ഒരു ദൈവദാസന് വന്നതായ ക്ഷീണാവസ്ഥ ദൈവഭക്തന് വന്നതായ വിഷമാവസ്ഥ യോവ് ശരിക്കും വലഞ്ഞു ശരിക്കും വലഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഭാഗത്തു കൂടി രണ്ട് കാര്യം നിങ്ങളെ അറിയിക്കാം ഒന്ന് ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ദുരിതങ്ങളുടെ കൊടുങ്കാറ്റുകൾ ആപത്തുകളുടെ കൊടുങ്കാറ്റുകൾ ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് രണ്ട് ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ് രോഗത്തിന്റെ കൊടുങ്കാറ്റ് ഡി ആരംഭിക്കുന്നത് ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ദംപസ്റ്റ് ഓഫ് ഡിസീസസ് ആദ്യം ആപത്തുകളുടെ ശൃംഖല ആപത്തുകൾ പരമ്പരയായി വരുന്നു രണ്ടാമത് രോഗങ്ങൾ വരുന്നു അടിക്കടി പ്രയാസം ദൈവത്തിന് സ്തോത്രം ആ സമയത്താണ് യോവിന്റെ ഭാര്യ പറഞ്ഞത് ഇനിയും ഈ ഭക്തിയൊക്കെ മുറിവ് പിടിച്ചോണ്ടിരിക്കുകയാണോ നിങ്ങൾ ഇത്ര മണ്ഠനായിപ്പോയല്ലോ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ ഓ ഭാര്യ ഇത് പറഞ്ഞ് സഹിക്കാവുന്നതല്ല നിങ്ങൾ ഇപ്പോഴീ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ ദൈവത്തെ ത്യജി കളക നിന്റെ ആത്മഹത്യയെയ്യ് മരിച്ചു കളക ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക ഒമ്പതാക്യം അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറയുകയാണ് അവനവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് നീ സംസാരിക്കുന്നു നാം ദൈവത്തിന്റെ കൈയിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു ഇതിലൊന്നിലും യോ ബഹരങ്ങളാൽ പാപം ചെയ്തില്ല യോവ് നോക്കിയപ്പോൾ ഭാര്യ മരിക്കാൻ പോലും പറയുകയാണ് അങ്ങ് ചത്തുകൾ എന്ന് പറയുകയാണ് യോ ഇതെങ്ങനെ സഹിക്കും നിങ്ങൾ ദൈവത്തെ തേച്ച് പറഞ്ഞിട്ട് മരിച്ചു കളക എന്നാണ് പറയുന്നത് കേൾക്കാൻ വയ്യാത്ത വാക്കുകളാണ് ഭാര്യ പറയുന്നത് ഒരു കൈത്താങ്കൽ തരേണ്ട സമയത്ത് ഭാര്യ മുറിവിലേക്ക് കുത്തുമ്പോഴാണ് സംസാരിക്കുന്നത് വിഷമം വർദ്ധിച്ചു യോവിനെ പയ്യെ നിരാശ തുടങ്ങുകയാണ് അപ്പോഴുംയോ വാക്ക് ഗ്രഹിച്ചു സ്നേഹിതന്മാരൊന്നും വന്നിരുന്നെങ്കിൽ എന്റെ സ്നേഹിതന്മാരൊന്നു വന്നിരുന്നെങ്കിൽ എന്റെ ദൈവമേ അവരൊരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ അടുക്കൽ ഒപ്പം ഇരുന്നെന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരാശ്വാസം കിട്ടുമായിരുന്നല്ലോ പക്ഷെ അവരെ വന്നില്ല ഈയോ വാർത്തയോട് നോക്കി നോക്കിയിരുന്നു കൂട്ടായ്മക്കാരുണ്ട് തേമാന്യനായ എലീഫസ് ശൂഹ്യനായ ബിൽദാദ് നൈമാത്തിനായ സോഫർ മൂന്നുപേരുണ്ട് വളരെ വളരെ അടുപ്പമുള്ള ആത്മീയ കൂട്ടായ്മയിലുള്ളവരാണ് അവർ വന്നില്ല ഇയ്യോ വാർത്തയോട് നോക്കിയിരിക്കും വോട്ട് കഷ്ണം കൊണ്ട് ദേഹം ചുരണ്ടിക്കൊണ്ട് അങ്ങ് ഗെയ്റ്റിംഗിലേക്ക് നോക്കിയിരിക്കും അപ്പോഴുണ്ട് മൂന്നുപേരും വരുന്നു പക്ഷേ ദൈവർ സൈലന്റ് ഫോർ സെവൻ ഡേയ്സ് ഏഴ് ദിവസത്തേക്ക് അവരും മൗനുമായിരുന്നു ഒന്നും വണ്ടിയില്ല ഞാൻ പറയാറുള്ളത് നിങ്ങൾക്ക് ചിലർക്ക് ഓർമ്മ കാണും ഭാര്യ പറയരുതാത്തത് പറഞ്ഞു സ്നേഹിതന്മാർ പറയേണ്ടത് പറഞ്ഞില്ല രണ്ടും വേദനയാണ് അടിക്കടി ആപത്തുകൾ അപ്പോഴാണ് മൂന്നാമത്തെ കൊടുങ്കാറ്റ് അതെന്താണ് മൂന്നാമധ്യായം ഒന്നാം വാക്ക് മുതൽ അനന്തരം യോബ് വായി തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു യോബ് പറഞ്ഞത് എന്തെന്നാൽ ഞാൻ ജനിച്ച ദിവസവും ഒരാണുൽപാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ വരാകാൻ തുടങ്ങി ഞാൻ ജനിക്കാതിരങ്കിൽ നന്നായിരുന്നു ഞാൻ പേർന്നപ്പോഴും ചാപ്പിള്ള പോലെ ആകാതിരുന്ന എന്താണ് എന്നെന്തിനാണ് ദൈവം ജനിപ്പിച്ചത് ഈ ദുരിതം അനുഭവിക്കാൻ വിട്ടത് എന്തിനാണ് ഈയോവ് പയ്യെ പ്രയാകാൻ തുടങ്ങി ശവിക്കാൻ തുടങ്ങി ഞാൻ ജനിച്ച ദിവസം ശവിക്കപ്പെടട്ടെ ഒരാൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിച്ച ദിവസം ശവിക്കപ്പെടട്ടെ ആ നാൾ ഇരുണ്ടു പോകട്ടെ എന്ന് പറഞ്ഞ് മൂന്നാം അധ്യായം മുഴുവൻ ശാപത്തിന്റെ അധ്യായമാണ് നിരാശയുടെ അധ്യായമാണ് ദ ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പയർ നിരാശയുടെ കൊടുങ്കാറ്റ് സ്നേഹിതരെ ഞാൻ വളരെ വേഗം പറഞ്ഞു വരാം ഈ വലിയ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ യോ വലഞ്ഞിരിക്കുമ്പോൾ ആ സമയത്ത് യോവിന്റെ സ്നേഹന്മാർ കുറെശെ പറഞ്ഞു തുടങ്ങി പിന്നെ എലീഹു എന്ന് പറയുന്ന വേറൊരാൾ വന്നു അദ്ദേഹവും പറഞ്ഞു തുടങ്ങി ഇയ്യോവരും അതിനെ അയുവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു ദിവസങ്ങൾ മുന്നോട്ട് മുന്നോട്ട് നീങ്ങി ഇയോവിന്റെ നിരാശ വർദ്ധിക്കുന്നുണ്ട് യോവിന്റെ ആകുലം ഭാരം വർദ്ധിക്കുന്നുണ്ട് യോവിന്റെ ജീവിതത്തിൽ ആപത്തുകളുടെ കൊടുങ്കാറ്റ് മാത്രമല്ല യോവന്റെ ജീവിതത്തിൽ രോഗത്തിന്റെ കൊടുങ്കാറ്റ് മാത്രമല്ല ഇയ്യോവന്റെ ജീവിതത്തിൽ നിരാശയുടെ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റേറ്റ് വലയുന്നു സ്നേഹിതരെ ഇപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കും നിങ്ങൾ ആരെല്ലാമാണ് കൊടുങ്കാറ്റിൽ പെട്ട് ഒലഞ്ഞുകൊണ്ടിരിക്കുന്നത് ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊടുങ്കാറ്റിൽപ്പെട്ട് ഇങ്ങനെ ആടി വലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്താണ് വീഴുന്നത് എന്നോർത്ത് വിഷമിച്ച് നിരാശ ആരെല്ലാമാണ് എന്റെ ദൈവത്തിന് സ്തോത്രം ഈ യോഗ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അപ്പോഴുണ്ട് ഒരു കൊടുങ്കാച്ച് ആഞ്ഞു വീശുന്നു ആ ചിത്രം ഞാൻ പാവനയിൽ കാണട്ടെ ഒരു വലിയ കൊടുങ്കാച്ച് ശക്തമായൊരു കൊടുങ്കാറ്റയാണ് ആ കൊടുങ്കാച്ച് അത് കണ്ടപ്പോൾ ഈ യോഗ നോക്കി ഈ ഓർത്തു ഇനി കൊടുങ്കാറ്റ് വീശിയാൽ എനിക്കെന്നെ ഒന്നും പോവാനില്ല മക്കൾ പോയി സ്വത്ത് പോയി കാടുമാടുകൾ പോയി ദാസിദാസന്മാർ പോയി ഭാര്യ പോയി സ്നേഹിതന്മാരും പോയി ആരെയാണ് ഇനി പോകാനുള്ളത് എല്ലാം പോയി ഇനിയോ കൊടുങ്കാറ്റൂതിയാല പക്ഷേ യോവ് പെട്ടെന്ന് ആ കൈയിലൊന്ന് മുറുകെ പിടിച്ചു സ്വന്തം കൈയിൽ അതെന്താണ് അതിൽ ഓട്ടുകഷ്ണമുണ്ട് കൊടുങ്കാറ്റിൽ ഈ ഓട്ടുകഷ്ണം തെറിച്ചു പോവാതിരിക്കട്ടെ കൈയിലുള്ള ആ ഓട്ടുകഷ്ണം ഓട്ടിൻ കഷ്ണം തെറിച്ചു പോകാതിരുന്നാൽ മാന്താമല്ലോ ഇനിയും ചൊറിയാമല്ലോ എത്ര കൊടുങ്കാറ്റൂതിയാതൊന്നും ഇതൊന്നും കൊണ്ടുപോകാതിരുന്ന മതിയായിരുന്നു ആകെ ഇനി കൈവശാതാ ഉള്ളത് ദൈവത്തിന് സ്തോത്രം ഈ യോഗ കൊടുങ്കാറ്റിനു നേരെ ഒരു കൂസലില്ലാതെ നോക്കി കൊടുങ്കാറ്റ് വീശിക്കോട്ടെ ഇനിയും വരികയായിരിക്കും വീശുമായിരിക്കും വന്നോട്ടെ ദൈവത്തിന് സ്തോത്രം പക്ഷേ ആ ചുഴലിക്കാറ്റിൽ യഹോവയുണ്ടായിരുന്നു ഫലൂഹിയ എന്റെ ദൈവത്തിന് സ്തോത്രം എന്റെ സഹോദരങ്ങളോട് ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഞാൻ തരളിതഹൃദനാകും തരളിത ഹൃദയൻ ഹൃദയം പയ്യം ആഴുകാൻ തുടങ്ങും സ്നേഹിതരെ ആ കൊടുങ്കാറ്റിൽ യഹോവയുണ്ടായിരുന്നു മകനെ നിന്നോട് സംസാരിപ്പാൻ വരുന്ന ജീവനുള്ള ദൈവം നിന്നോട് ഇടപെടാൻ വരുന്ന ജീവനുള്ള ദൈവം കൊടുങ്കാറ്റിലൂടെ നിന്നോട് സംസാരിക്കുകയാണ് ചുഴലിക്കാറ്റിലൂടെ നിന്നോട് സംസാരിക്കുകയാണ് ആ ചുഴലിക്കാറ്റിൽ യഹോയുണ്ടായിരുന്നു ഇടിമുഴക്കം പോലത്തെ ശബ്ദത്തിൽ ദൈവം യോവിനോട് സംസാരിച്ചു ഈ ദൈവം വ്യക്തമായി സംസാരിച്ചു ഈ ദൈവം കുറ്റബോധം കൊടുത്തു ഈ ദൈവം തന്നെ തന്നെ കാണാനുള്ള വെളിവുകൊടുത്തു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ യോവ് പറയും എന്താണ് പറയുന്നത് നാൽപ്പത്തിരണ്ടാം അധ്യായ ആദ്യവാക്യം യോ ഇപ്പോൾ പറയുന്നത് എന്താണ് അതിന് ഇയോ ബോമിയോട് ഉത്തരം പറഞ്ഞത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അറിഞ്ഞുകൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നു അറിവിനാർ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു ഇല്ലാതെ പറഞ്ഞു പോയി ഞാൻ ശവിച്ചതും രാഗീതൊന്നും കാര്യം തിരിച്ചറിയാതെയാണ് ഞാൻ തിരിച്ചറിവില്ലാതെ അറിഞ്ഞുകൂടാതെ അഗാധമേറിയ കാര്യങ്ങൾ ഞാൻ തിരിച്ചറിവില്ലാതെ പറഞ്ഞുപോയി കേൾക്കണമേ ഞാൻ സംസാരിക്കും ഞാൻ നിന്നോട് ചോദിക്കും എന്നെ ഗ്രഹിപ്പിക്കണമേ ഞാൻ നിന്നെ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു ദൈവത്തിന് സ്ത്രോത്രം ദൈവത്തെ മുഖാമുഖം കാണാൻ ഈ കൊടുങ്കാറ്റികൾ സഹായമായി ദൈവത്തെ മുഖാമുഖം കണ്ടു പ്രിയപ്പെട്ടവരെ ആ സ്വർഗീയ അനുഭവം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നിത്യനായ ദൈവത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് യ്യോവിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ മടങ്ങി വരുന്നത് ഇതുവരെയൊക്കെ ഒരു കേട്ടുകൾ വിത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവഭക്തനാണ് ദോഷമിട്ട് അകലുന്നവനാണ് നേരുള്ളവനാണ് അവൻ നിഷ്കളങ്കനാണ് പക്ഷേ ദൈവത്തെക്കുറിച്ച് കേട്ടുകൾ വിത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ സ്വന്തം കണ്ണാൽതിനെ കാണുന്നു യയ്യോവിന് വ്യക്തമായ കാഴ്ച ലഭിച്ചു ജീവനുള്ള ദൈവത്തെ കാണാനുള്ള കാഴ്ച ലഭിച്ചു സ്നേഹിതരേ അയ്യോവ് അപ്പോൾ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ തുടർന്ന് എല്ലാ അനുഗ്രഹങ്ങളും പിറകെ വന്നു ചേർന്നു ദൈവത്തെ നേരിട്ട് കണ്ടുകഴിഞ്ഞപ്പോൾ സാക്ഷാൽ കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞപ്പോൾ മക്കൾ വീണ്ടും ഉണ്ടായി അകന്നുപോയ ഭാര്യ അടുത്തു മക്കൾ വീണ്ടും ഉണ്ടായി ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും തന്നെയുണ്ടായി വീണ്ടും സമ്പൽ സമൃദ്ധിയുണ്ടായി പതിൻ അനുഗ്രഹിച്ചു എന്നാണ് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല സ്നേഹിതരെ കഷ്ടപ്പാടുകൾ വന്നതിൽ തളർന്നിരിക്കുന്നവരാരെല്ലാം ഉണ്ട് ഞെരുക്കങ്ങൾ വന്നതിൽ വിഷമിച്ചിരിക്കുന്നവരാരെല്ലാം ഉണ്ട് എന്നാൽ ഈ ചുഴലിക്കാറ്റിലിടപെട്ടവനായ ദൈവം കാലത്തിന്റെ തികവിൽ സ്വർഗീയനായ കർത്താവായ യേശുക്രിസ്തു നിത്യനായ ദൈവപൂത്രൻ അവിടുന്ന് ഗോകുൽത്തായുള്ള കുരിശിന്മേൽ ചുഴലിക്കാറ്റിൽപ്പെട്ട് ആടി ഒലഞ്ഞു കഷ്ടതയുടെ ചുഴലിക്കാറ്റിൽപ്പെട്ട് ആടി ഒലഞ്ഞു ദുരിതത്തിന്റെയും വേദനയുടെയും തിരസ്കരണത്തിന്റെയും ചുഴലിക്കാറ്റിൽപ്പെട്ട് ആടി ഒലഞ്ഞു സകലരും പരിഹസിച്ചു സകലരും വെറുത്തു മതമേധാവികൾ ചെറുത്തു സമൂഹം കല്ലെറിഞ്ഞു സകലരും യേശുവിനെ കൊല്ലുക കൊല്ലുക തൂക്കുക തൂക്കുക എന്നഹസിച്ചു ആരും സഹായിട്ട് ഉണ്ടായിരുന്നില്ല എല്ലാവരും കൈവിട്ടു ഞാൻ പകുച്ചു നോക്കിയെങ്കിൽ ആരെയും കണ്ടില്ല ഞാൻ ചുറ്റും നോക്കിയെങ്കിലും അവനെ സഹായിപ്പാൻ ആരെയും കണ്ടില്ല എല്ലാവരും കൈവിട്ടു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിടുന്നെന്താ എന്ന് പോലും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ക്രൂസ് മേൽ കിടന്നു സ്നേഹിതരെ ഈ രാത്രി ഈ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി ചുഴലിക്കാറ്റേറ്റ് ക്രൂസിൽ മരിച്ചവൻ കഷ്ടതയുടെ ചുഴലിക്കാറ്റിൽപ്പെട്ട് ക്രൂസിൽ മരിച്ചവൻ അവനിന്ന് നിങ്ങളെ തേടി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് വെളിപ്പെടുത്തി തരാനായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നിരിപ്പിൽ ദൈവത്തോട് പറയണം എന്റെ കർത്താവെ നിന്റെ മുഖാമുഖം കാണുന്ന ആ ഭാഗ്യാനുഭവത്തിലേക്ക് കഷ്ടതയിൽ കൂടി ഇനെ നടത്തുകയാണല്ലോ ദുരിതത്തിൽ കൂടി ഇനെ നടത്തുകയാണല്ലോ ഈ വന്നപ്പോൾ എന്റെ കർത്താവ് വിവാഹ വന്നപ്പോൾ എന്റെ കർത്താവെ മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ എന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ എതിരുണ്ടായപ്പോൾ എന്റെ ബിസിനസിൽ തകർച്ച വന്നപ്പോൾ കടം വന്ന് പെരുകിയപ്പോൾ രോഗം വന്ന് ആപരാധികൾ പെരുകിയപ്പോൾ ഉടയവനെ നീ എന്നെ താങ്ങിയല്ലോ നിന്നെ ഇപ്പോൾ മുഖാമുഖം കാണാൻ എനിക്ക് കഴിഞ്ഞല്ലോ നീ എത്ര നല്ലവനാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്റെ കഷ്ടതകൾ നന്നായി ഉയർത്താവേ ദുരിതങ്ങൾ വന്നതും നന്നായി പ്രിയപ്പെട്ടവരെ ഈ പാവ മനുഷ്യൻ നിങ്ങൾ പറയുന്ന എന്താണെന്നറിയാമോ ഞാൻ ഈ നാളുകളിൽ വലിയ കൊടുങ്കാറ്റുകളിൽ കൂടി കടന്നുപോവുകയായിരുന്നു വേദനയുടെ കൊടുങ്കാറ്റുകൾ രോഗത്തിന്റെ അവലാധികൾ ചികിത്സയുടെ ബന്ധപ്പാടുകൾ കഷ്ടപ്പാടിന്റെ കൂട്ടങ്ങൾ എല്ലാം ഇങ്ങനെ വന്ന് ആഞ്ഞടിക്കുകയായിരുന്നു തിരമാരി ആഞ്ഞടിക്കുന്നത് കുടുംബത്തിലേക്കും എന്റെ ജീവിതത്തിലേക്കും വന്നു ദൈവത്തിന് സ്ത്രോത്രം രണ്ടായിരത്തി ആറ് കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഏഴിലെ കൺവെൻഷൻ വരെയുള്ള ഈ കാലം എന്റെ ജീവിതത്തിലെ വളരെ വേദനാകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ കാലമായിരുന്നു എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും കർത്താവേ നന്നായി ദുരിതങ്ങൾ വന്നത് നന്നായി കഷ്ടതകൾ വന്നത് നന്നായി എതിർപ്പുകൾ വന്നത് നന്നായി പോരാട്ടങ്ങൾ വന്നത് നന്നായി രോഗങ്ങൾ വന്നത് നന്നായി ദൈവമേ കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്ന നന്നായി എന്ന് ഞാനിപ്പോൾ ഉറക്ക പറയാറുണ്ട് ചിലപ്പോൾ നൈകൃത്താവേ എനിക്ക് നിന്നെ ഒന്നുകൂടി അടുത്തറിയാൻ കഴിഞ്ഞല്ലോ നീ സ്നേഹമാണെന്ന് അടുത്തെറിയാൻ കഴിഞ്ഞല്ലോ നീ എനിക്ക് വേണ്ടി യാദനേറ്റപ്പെടുന്നവനാണ് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ നീ എന്റെ അധരങ്ങളുടെ യാദന നിഷേധിച്ചില്ലല്ലോ അതരങ്ങളുടെ യാദ നിഷേധിക്കാത്ത ദൈവം സ്നേഹിതരെ ഇന്ന് രാത്രി നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്ത് തീരുമാനിക്കുന്നു യേശു നിങ്ങളെ തൊടണമോ യേശു നിങ്ങളെ ഒന്ന് തലോടണമോ യേശു നിങ്ങളുടെ കണ്ണുനീരൊന്ന് തുടയ്ക്കണമോ യേശു നിങ്ങളുടെ രോഗം ഒന്ന് മാറ്റണമോ യേശു നിങ്ങളുടെ വേദനയൊന്ന് ശമിപ്പിക്കണമോ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ കറുതി വരുത്തണമോ യേശു നിങ്ങളെ അനുഗ്രഹിക്കണമോ യേശുവിന്റെ ആണിപ്പാടുള്ള കാര്യം നിങ്ങളുടെ സെലസിൽ വെക്കണമോ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ പ്രിയപ്പെട്ടവരെ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഒരു പൈസയും മുടക്കണ്ട നിങ്ങൾ ഒരിടത്തും സംഭാവന കൊടുക്കണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഒന്ന് മാത്രം ഒന്നു മാത്രം യേശുവിനെ കർത്താവ് ക്ഷതവുമായി സ്വീകരിച്ച് സാത്താനോട് യാത്ര പറഞ്ഞാൽ മാത്രം മതി മറ്റൊന്നും വേണ്ട പാപത്തെ ഉപേക്ഷിച്ചാൽ മാത്രം മതി ഇതുവരെ ജീവിച്ചു പോകുന്ന വഴികളോട് യാത്ര പറഞ്ഞ് പാപത്തോട് യാത്ര പറഞ്ഞ് ലോകവും അതിന് മോഹം ഒഴിഞ്ഞു പോകുന്നു ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്ക് ഇരിക്കുന്നു നിങ്ങളെ ഉള്ളം തോന്നുകൊടുത്താൽ മതി യേശു നിങ്ങളെ തലോടും യേശു നിങ്ങളെ അനുഗ്രഹിക്കും യേശു നിങ്ങളുടെ മേലെ തന്നെ കരമയ്ക്കും യേശുവിന് തിരക്തം നിങ്ങളെ കഴുകും യേശുവിന്റെ അത്ഭുത നിങ്ങളെ ആനയിക്കും സ്വർഗീയം ത്തിലേക്ക് ചേർക്കും വെളിപ്പെടുവാനുള്ള മഹത്വരായ തേജസിലേക്ക് അവൻ നിങ്ങളെ അണിയിക്കും നിങ്ങളെ ചേർത്തണയ്ക്കും അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പാവത്തോട് യാത്ര പറഞ്ഞുകൊള്ളൂ പാവത്തോട് യാത്ര പറയാൻ താൽപര്യമുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവോട് വാക്ക് പറയൂ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ നിന്റെ വകേശുവേ േശു നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നുമുതൽ ഞാൻ നിനക്കായി ജീവിക്കും യേശുവേ ഇന്നുമുതൽ ഞാനൊരു പുതിയ സൃഷ്ടി യേശുവേ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവേ ഇന്നുമുതൽ ഞാനൊരു പുതിയ സൃഷ്ടി യേശുവേ ഞാനിതാ വരുന്നു എന്നെ സ്വീകരിക്കണമെങ്കിൽ െ പ്രാർത്ഥിച്ചവർക്ക് ആ വീശിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം ഹാനലൂയ്യ കരങ്ങളെ താഴ്ത്തിയിടുകയും കാരണ്യവാനെ മഹൂത്വത്തിന്റെ ഉടയവനായി യേശുരാജ നിത്യനായ പരിശുദ്ധപിതാവേ നിത്യ തേജസ്സാകുന്ന പരിശുദ്ധാത്മാവേ ഈ രാത്രിക്ക് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നിന്റെ പ്രിയമക്കൾ തീരുമാനമെടുത്തവരും കരങ്ങൾ ഉയർത്തിയവരും ആരല്ലാവുന്നവിടെ എണ്ണിയതിനായി സ്ത്രോത്രം കർത്താവെ സത്യ തീരുമാനമെടുത്തവരുടെ പേര് അവിടുത്തെ സന്നിധിയിൽ എഴുതി ചേർത്തതിനായി സ്തോത്രം എല്ലാവരെയും വാഴ്ത്തണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കണ്ണുനീര് തുടയ്ക്കണമേ ആകുലങ്ങൾ മാറ്റണമേ ആകുലാദികൾ നീക്കണമേ സ്വർഗീയ വാഴിവുകൾ പകരണമേ കർത്താവെ സഭാഭേദം കൂടാതെ സമുദായ കൂടാതെ മതഭേദം കൂടാതെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്ന് രാത്രി കടന്നു എല്ലാവരെയും വാഴ്ത്തണമേ എല്ലാ നന്മകളും നിറയ്ക്കണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആ മീൻ ഹല